സത്യവിശ്വാസികളെ നിങ്ങൾ രഹസ്യമായി സംസാരിക്കുമ്പോൾ പാപത്തെക്കുറിച്ചോ അതിക്രമത്തെക്കുറിച്ചോ ദൂതനായ മുഹമ്മദ് നബിസ്വല്ലാഹു അലൈവസ്ലം ലും അനുസരണക്കേടിനെക്കുറിച്ചോ സംസാരിക്കരുത് മറിച്ച് പുണ്യത്തെക്കുറിച്ചും ഭക്തിയെക്കുറിച്ചും സംസാരിക്കുക നിങ്ങൾ ഒരുമിച്ച് ശേഖരിക്കപ്പെടാൻ പോകുന്ന അള്ളാഹു സുബഹാനഹു അതായാലായെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യുക